മംഗളാർത്ഥോ അധശബ്ദം കസ്മ എന്ന ഭൗതി അവിടെ ചോദിക്കും അധശബ്ദത്തിന് ആരംഭാർത്ഥം അല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി വരുന്ന മംഗളാർത്ഥം എന്തുകൊണ്ടായിക്കൂടാ മംഗളാർത്ഥം മംഗളം എന്നുള്ള അധശബ്ദസ് മംഗളാർത്ഥോ അധശബ്ദ മംഗളോ യസ് മംഗളാർത്ഥം അധശബ്ദത്തിന് എന്തുകൊണ്ടായിക്കൂടാ കസ്മ എന്ന ഭൗതി തസ്മ സുഷ്ടുക്തം ജിജ്ഞാസായ അനധികാരികത്വ ശരിയാണ് അതുകൊണ്ട് അതൊക്കെ ഞാൻ വായിച്ചതാണ് ഏഹ് ആരോ പറഞ്ഞു ബാക്കിയെല്ലാം വായിച്ചതോ ഇത് വായിച്ചില്ലേത് തസ്മ അതുകൊണ്ട് സൃഷ്ടോക്തം ജിജ്ഞാസയോ അനധികാരിത്തോ ജിജ്ഞാസ അനധികാരിയമാണ് ആരംഭിക്കാൻ കഴിയത്തില്ല ആ ഒരു വരി വായിച്ചിട്ടില്ല ബാക്കിയുള്ള എല്ലാം വായിച്ചാണ് ക്ലാസ് കേൾക്കണം അങ്ങനെ വായിച്ചിട്ടില്ലേ േ വായിച്ചല്ലേ അതിപ്രസംഗ അതിനെന്താ ഉദാഹരണം പറഞ്ഞത് അതിപ്രസംഗത്തിന് എന്താ ഉദാഹരണം പറഞ്ഞു ശബ്ദ കമാവതി മംഗളാർത്ഥം ആ ശബ്ദത്തിൽ തധാ മംഗളഹേതു പ്രത്യഹം ബ്രഹ്മജിജ്ഞാസൂത്ര അതോ ബ്രഹ്മ ജിജ്ഞാസക്ക് അർത്ഥം ആയതുകൊണ്ട് മംഗളത്തിന് പ്രത്യേകം എല്ലാ സദാ അല്ലെങ്കിൽ എല്ലാ ദിവസവും ബ്രഹ്മജിജ്ഞാസ്യാസം ചെയ്യേണ്ടതാണ് അപ്പോ മംഗളശ്ദത്തിനർത്ഥം പറഞ്ഞാൽ എന്തൊരു സൂത്രാർത്ഥം മംഗളത്തിന് കാരണമായതുകൊണ്ട് ബ്രഹ്മ വിചാരം എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് അതാവും സൂത്രത്തിന്റെ അർത്ഥം അതുകൊണ്ട് ഭാഷകാലം പറഞ്ഞു അങ്ങനെ ഒരർത്ഥമല്ല ഇവിടെ അതുകൊണ്ട് ഭാഷകാരം പറയുന്നു എന്താണ് മംഗളാനുര വാക്യാർഥ സമന്വയ മംഗളവും വാക്യാർത്ഥത്തെ സമന്വയിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും മംഗളത്തിന് കാരണമായതുകൊണ്ട് എല്ലാ ദിവസവും ബ്രഹ്മവിചാരം ചെയ്യണമെന്നെങ്കിൽ അർത്ഥം വാക്യാർത്ഥത്തിൽ അതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പദാർത്ഥി വാക്യാർത്ഥിയെ സമന്വയത വാക്യോവ ലക്ഷ്യവ പദങ്ങളുടെ അർത്ഥമാണ് വാക്യാർത്ഥത്തിൽ സമന്യിപ്പിക്കുന്നത് രാമ ഗ്രാമം ഗതി രാമൻ കർത്താവാണ് രാമം കർമ്മമാണ് ഗതി ക്രിയയാണ് അപ്പം കർത്താവും കർമ്മവും ക്രിയയും യോജിപ്പിക്കും രാമകർത്താമക ഗമനക്രിയ അങ്ങനെയൊക്കെ അർത്ഥം പറയാം അപ്പം പദാർത്ഥങ്ങൾ ആണ് വാക്യാർത്ഥത്തിൽ സമന്വയിക്കുന്നത് അത് വാച്യമാകാൻ ലക്ഷ്യവുമാകാം അതാണ് പറയുന്നത് എന്താണ് പദാർഥേ വഹി വാക്യാർത്ഥേ സമന്വയി പദാർത്ഥമാണ് വാക്യാർത്ഥത്തിൽ സമന്വയിക്കുന്നത് വാചിയുവാ ലക്ഷ്യവുക അത് വാച്യാർത്ഥമാകാ ലക്ഷ്യാർത്ഥമാകാം അപ്പോ അതാ എന്ന് പറയുമ്പോ അത് ശബ്ദത്തിന്റെ വാച്യാർത്ഥമല്ല മംഗളം ലക്ഷ്യാർത്ഥമല്ല മംഗളം എന്നുവെച്ചാൽ ഇവിടെ ഈ അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധശബ്ദത്തിന്റെ വാച്യാർത്ഥമല്ല മംഗളം ലക്ഷ്യാർത്ഥമല്ല മംഗളം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇവിടെ എന്നുവെച്ചാൽ സൂത്രത്തിൽ മംഗളം എന്ന് പറയുന്ന അർത്ഥം അധശബ്ദത്തിന്റെ വാചിമ്പ ലക്ഷ്യംപാചല്ല പിന്നെന്താണ് മംഗളാനന്തര ആരംഭ പ്രശ്ന കാർഷിക പറഞ്ഞിരിക്കുന്നു അപ്പൊ അധയ്ക്ക് മംഗളം എന്ന് പറയുന്ന അർത്ഥമുണ്ടല്ലോ പറയുന്നു ഇവിടെ അങ്ങനെയല്ല ഹിന്ദു മൃദംഗ ശനിവത് അത ശബ്ദ ശ്രവണ മാത്ര കാര്യം അതായത് അഥ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നത് മംഗളമാണ് അത്രയോ ശബ്ദത്തിന് മംഗളം എന്ന അർത്ഥമില്ല ഇവിടെ അഥ എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താണ് മംഗളമാണ് ഉദാഹരണം ഇപ്പം തത് പോവും തത് സത് ഇതൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നത് മംഗളമാണ് ഹരിവോവും മംഗളമാണ് ആ മംഗള അർത്ഥത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമോ നാരായണായ മംഗളം ശ്രവണം മംഗളമാണ് നമശിവായ ശ്രവണം മംഗളമാണ് ആ അർത്ഥത്തിൽ അല്ലാതെ അതിന്റെ അർത്ഥമല്ല എന്നാണ് അതിന് ഉദാഹരണം പറയുന്നു മൃദംഗ ശങ്കധ്വനിപത് എന്തെങ്കിലും പരിപാടിയൊക്കെ ആദ്യം മൃദംഗം മുഴക്കുന്നു അതെന്തുകൊണ്ട് മൃദംഗം മുഴക്കുന്ന ആ ശബ്ദം കേൾക്കുന്നത് മംഗളമാണ് ഒരു മംഗള ശബ്ദം കേട്ടുകൊണ്ട് തുടങ്ങുക അതുപോലെ ശംഖധ്വനി പൂജകളൊക്കെ ചെയ്യുമ്പോൾ തുടക്കത്തെ ശംഖവിളിക്കുന്നു ശംഖവളിക്കുന്നത് എന്തുകൊണ്ടാണ് അത് കേൾക്കുന്നത് മംഗളമാണ് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മംഗളമാണ് തുടക്കത്തിൽ അതാണ് വീണ ശബ്ദം അതൊക്കെ എന്താണ് കേൾക്കുന്നത് മംഗളമാണ് അത് അതെന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് മംഗളമാണ് അതുകൊണ്ടാണ് അതാണ് ഹിന്ദു മൃദംഗ സംഘധ്വനിവം അത ശബ്ദ ശ്രവണ മാത്ര കാര്യം അത അത ശബ്ദത്തിന്റെ ശ്രവണത്തിന്റെ കാര്യമാണ് കേൾക്കുന്നോണ്ടുണ്ടാകുന്ന കാര്യമാണ് എന്താ മംഗളം കേൾക്കുന്നത് മംഗളമാണ് പറയാറില്ല ആ ശബ്ദം കേൾക്കുന്നത് തന്നെ തത്കിം ഇതാനി മംഗളാർത്ഥോ അത ശബ്ദ തേഷണ പ്രയോക്തവ്യ ചോദിക്കുന്നു എന്താണ് അപ്പോ എന്താണ് ഓരോ സ്ഥലങ്ങളിലും അത മംഗളാർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇന്നും പാടില്ലേ അത് ശബ്ദത്തിന് മംഗളം എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങള് പറയുന്നു അത് ശബ്ദത്തിന് വേറെ അർത്ഥമാണ് പിന്നെ അത് ശബ്ദം കേൾക്കുന്നതാണ് മംഗളം എന്താ അത് ശബ്ദത്തിന് ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ലേ എന്നാണ് തഥാചിതാനി മംഗള മംഗളാർത്ഥോ അത് ശബ്ദം മംഗളാർത്ഥത്തിലുള്ള അത് ശബ്ദം തേശ് തേഷ് തേഷ് തേശ് ഓരോരോ സ്ഥലങ്ങളിൽ പ്രയോക്തവേ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ലേ പ്രയോഗിക്കുന്നുണ്ട് പ്രയോഗിക്കാം തഥാ പ്രുണ്ട് ഓം ശബ്ദം അറിയാതോ തസ്മാകവും ഇവിടെ എന്താ പറയുന്നത് ഓങ്കാരസ്റ്റ ഓങ്കാരവും അതവും ഈ രണ്ട് ശബ്ദങ്ങളും ഏതോ ഇത് രണ്ടും പുര പുരെന്നു വെച്ചാൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ സൃഷ്ടിയെപ്പോഴാണോ തുടങ്ങുന്ന ആ സമയത്ത് ബ്രഹ്മണ കണ്ടം ഭിത്വ ബ്രഹ്മാവിന്റെ വായിൽ കൂടി കണ്ടത്തിൽ നിന്ന് പുറത്തു വന്നു വിനറിയാതോ പുറത്തേക്ക് വന്നാണ് അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് എന്തു ചെയ്തു ഓം അധാന്ന് പറഞ്ഞാണ് സൃഷ്ടി ആരംഭിക്കുന്നത് ആദ്യം ഈ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അതാണ് കണ്ടംഭിത്വാവിനറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന രണ്ട് ശബ്ദങ്ങളാണ് തസ്മത് അതുകൊണ്ട് മംഗളികൗഹ് ഇത് രണ്ടും മംഗളാർത്ഥമുള്ളതാണ് ഇപ്പൊ പ്രമാണമുണ്ട് അതേ ശബ്ദത്തിന് മംഗളം എന്ന അർത്ഥമുണ്ടെന്ന് അതുകൊണ്ടാണ് പല മംഗളാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഇത് സ്മൃതി വ്യാക നിങ്ങൾ പറയണ അതശബ്ദത്തിന് മംഗളം എന്ന് പറയുന്ന അർത്ഥമില്ലെന്ന് പറഞ്ഞാൽ സ്മൃതിക്ക് വിരോധം വരും ഈ പറഞ്ഞ സ്മൃതിക്ക് വിരോധം വരും നിത്യതായത് മനുസ്മൃതിയിലാണ് പറയുന്നത് ോധം അതുകൊണ്ട് പറയുന്നു അർത്ഥാന്തര പ്രയുക്തയെവ ഹ്യതശബ്ദ ശ്രുത്യ മംഗളപ്രയോജന ഇവിടെ അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് മറ്റൊരർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അധശബ്ദം മറ്റൊരർത്ഥം ഏതാണ് മറ്റൊരർത്ഥം ഏതാണിത് അനന്തരം എന്ന് പറയുന്ന അർത്ഥം അനന്തരം എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു വെച്ച ശ്രവണത്തിന് കേൾക്കുന്നതുകൊണ്ട് മംഗള പ്രയോജനവും ഭവതി മംഗള ആകുന്ന പ്രയോജനത്തോടു ഇത് കേൾക്കുന്നവർക്ക് അതായത് ഈ കേൾക്കുക എന്ന് പറയുന്നതിന് എന്താ കാരണം അതാ അതോ ബ്രഹ്മജിജ്ഞാസ ഇത് പഴയകാലത്ത് എഴുതിയല്ല പഠിക്കുന്നതിനെയോ സൂത്രങ്ങളൊക്കെ ചൊല്ലിയാ പഠിക്കുന്നത് അപ്പം ആരും വായിക്കുകയല്ലായിരുന്നു പിന്നെയും കേൾക്കുകയായിരുന്നു അതുകൊണ്ടാണ് ശ്രവണം ശുത്തിയാന്ന് വെച്ച ശ്രവണം കൊണ്ട് കേൾക്കുന്നതുകൊണ്ട് മംഗള പ്രയോജനം മംഗളമാകുന്ന പ്രയോജനത്തോട് ഇതിനകത്ത് ഏതെങ്കിലും വാക്യം വിട്ടുപോയിട്ടുണ്ടോ ഞാൻ ഈ വായിച്ചേത്യേഷ് അ ഞാൻ വായിച്ചില്ലെന്ന് ഞാനൊന്നും വായിച്ചെടുത്ത് ഒരു വാക്യം മറ്റു പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൂടെ കാണുന്നില്ല ശ്രോണമാത്രേണു വീണ ധ്വനിവംഗർ അർത്ഥാന്തരീഷു ആനന്തര്യാദു പ്രയുക്തോ അർത്ഥാന്തരേഷു മറ്റർത്ഥങ്ങളിൽ പ്രയോഗിച്ച ഇവിടെ എന്തർഥമാണ് അനന്തരത്തിൽ പ്രയോഗിച്ച പ്രയുക്തോ എന്ന് വെച്ചാൽ പ്രയോഗിച്ച അത് ശബ്ദം അത് ശബ്ദം ശ്രുത്യ ശ്രവണ മാത്രം കേൾക്കുന്നുണ്ട് ആ കേൾവി എന്നുവച്ചാ അത എന്നുള്ള അത് മാത്രം കൊണ്ട് വേണു വീണാധ്വനിവത്ത് വേണു ഓടക്കുഴൽ നാദം മംഗളമാണ് ഓടക്കുഴൽനാഥം കേൾക്കുന്നത് അതുപോലെ തന്നെ വീണാ നാദം ധ്വനികൾ ഈ ധ്വനികളെല്ലാം എന്താണ് മംഗളമാണ് അതുകൊണ്ടാണ് നല്ല കർമ്മങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഓടക്കുഴൽനാദവും വീണയും ഒക്കെ വായിക്കുന്നു മംഗള ക്രുവൻ ഇതൊക്കെ മംഗളത്തെ ഉണ്ടാക്കുന്നു കേൾക്കുന്നവർക്ക് മംഗളപ്രയോജനോ ഭൂതി മംഗളമാകുന്ന പ്രയോജനത്തോടുകൂടിയതാണ് അഥ കേൾക്കുന്നത് നല്ല മംഗളമാണ് മംഗളം കൊണ്ടെന്താ പ്രയോജനം വിഘ്നങ്ങളെല്ലാം നശിക്കും തുടങ്ങുന്ന കാര്യം അവസാനിക്കും സുഖപര്യാവസായിയാകും അതിന് വേണ്ടിയിട്ടാണ് അന്യാർത്ഥ മാനീയമാന ഉദുംബദർശനവ ഒരു ഗ്രാമത്തിലൂടെ ഒരാൾ നടന്നു പോകുമ്പം ഒരു കന്യക ഒരു കുടം വെള്ളം നിറച്ച് ദൂരെ പോയി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ദൂരെ പോയി പുറവയിൽ നിന്ന് വെള്ളം നിറച്ച് തലയിൽ വെച്ച് നടന്നു വരികയാണ് വടക്കേന്ത്യൊക്കെ പോയത് ധാരാളം അപ്പോൾ രാവിലെ ഒരാളൊരു കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറം പുറത്തിറങ്ങുമ്പോൾ ദൂരെ നിന്നൊരു കന്യക തലയിൽ കുടത്തിൽ വെള്ളം നിറച്ച കുടവുമായി നടന്നു വരികയാണത് ഏറ്റവും നല്ല ശകുനമാണ് ശുഭമാണ് പോകുന്ന കാര്യം നടക്കും എന്നുവെച്ചാൽ അത് വളരെ മംഗളകരമായിട്ടാണ് വിശ്വസിക്കുന്നത് അവർ വിശ്വസിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെയൊക്കെ ആ വെള്ളം നിറച്ച് കുട ഇങ്ങനെ വയ്ക്കുന്നത് വയ്ക്കുന്നത് അത് മംഗളമാണ് കാണുന്നത് മംഗളമാണ് കലശം അതങ്ങനെ വയ്ക്കുന്നത് ഒരു മംഗളമാണ് ആ കാഴ്ച കാണുന്നത് കാരണം ഇത് ശകുനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഇവിടേക്ക് ആൾക്കാർ പൂജ ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളം തുറച്ചത് വെക്കുന്നു വടക്കേന്ത്യയിൽ ഇങ്ങനെ രാവിലെ അത് കടികണ്ട് കഴിഞ്ഞാൽ ഏറ്റവും ശുഭമായ കാഴ്ചയാണ് അതുപോലെയാണ് അത് ശബ്ദം കേൾക്കുന്നത് അപ്പൊ ഈ ശമനം നല്ല ശമനമാണെന്ന് അപ്പൊ കേൾക്കുന്നത് എങ്ങനെയാണോ നല്ല ശമനമാകുന്നത് അതുപോലെ കാണുന്നതും നല്ല ശമനങ്ങളുണ്ട് ശകനമാണെങ്കിൽ കറുത്ത പൂച്ചകൾ വേണമെങ്കിൽ എന്തു ചെയ്യും ആൾക്കാർ തിരിച്ചുതരും ഇതാണെങ്കിലും നടന്നു പോകും അതുകൊണ്ട് വടക്കീന്നിടുക എന്തു ചെയ്യും ആൾക്കാരെ വീട്ടിൽ നിന്നാകുമ്പോൾ കുട്ടികളെ കൊണ്ട് വെള്ളം കുടത്തിൽ നിറച്ച് തലയിലെടുപ്പിച്ച് എതിരെ നടും നടന്നു വരാൻ അങ്ങനെ അത് കണ്ടുകൊണ്ട് പോകും പക്ഷെ അങ്ങനെ കണ്ടാ പോരാ ശരിക്കും എന്ത് വേണം യാഥാ യാദൃശ്യവുമായി ഒരാൾ തലയിൽ വെള്ളം നിറച്ച കുടവുമായിട്ടും അതൊരു കന്യകയായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ അത് നല്ല കാര്യമാണ് വിശ്വാസമാണ് മനുഷ്യൻ അതാണ് അന്യാർത്ഥ മാനീയമാണ് അന്യാർത്ഥം എന്ന് വെച്ചാൽ കുടത്തിൽ കൊണ്ടുവരുന്നത് ശൗനത്തിന് വേണ്ടിയല്ല പിന്നെയോ അന്യർത്ഥം വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിലെ പാചകത്തിന് വേണ്ടിയിട്ടാണ് അനിയമായ ഉതകുംഭദർശനം ഉതകുംഭം എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ച കുടം തേനാ സ്മൃതി വ്യാകോപ്പ് അതുകൊണ്ട് എന്താണ് എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ആദ്യം എന്നാണ് മംഗളാർത്ഥം ഉണ്ടെന്നും പറഞ്ഞ സ്മൃതിക്ക് വിരോധമൊന്നുമില്ല അവിടെ അധശബ്ദത്തിന് മംഗളം എന്നുള്ള അർത്ഥം എടുത്തില്ലെങ്കിലും സ്മൃതിയുമായിട്ട് വിരോധവും വരത്തില്ല കാരണം അധശബ്ദം കേൾക്കുന്നത് തന്നെ എന്താണ് ആനന്ദജി അർത്ഥ ശ്രവണമാർത്ഥേന മംഗള അർത്ഥത ഇത്യർത്ഥ അപ്പൊ ഇവിടെ ആനന്തര്യാർത്ഥമാണ് അനന്തരം എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് അങ്ങനെ ഒരർത്ഥം ഉള്ളത് കൊണ്ട് കേൾക്കുന്നതുകൊണ്ട് മംഗള അല്ല എന്നില്ല ഇതിനർത്ഥം അനന്തരം എന്നുള്ള അർത്ഥം കേൾക്കുന്നതുകൊണ്ട് മംഗളാർത്ഥമില്ല അങ്ങനെയില്ല മംഗളാർത്ഥം കൊണ്ടുതന്നെ ഇഹ ആനന്തര്യാർത്ഥ്യ സതാ ഇവിടെ ആനന്തര്യാർത്ഥമുള്ളതായ ഈ അഥശശബ്ദത്തിന് ശ്രവണമാർ മംഗളാർത്ഥത ഇതിനേൾവിക്കൊണ്ട് മംഗളാർത്ഥത ഇല്ല എന്ന് ഇല്ല രണ്ട് നെയ്യും ഇല്ല എന്നാന്ന് വെച്ചാൽ കേൾക്കുന്നോണ്ട് മംഗളാർത്ഥവും കൊണ്ടുവന്നർത്ഥം പാദം കഴിഞ്ഞു അപ്പൊ അധശബ്ദത്തിന് അനന്തരം എന്നുള്ള അർത്ഥമേ ഉള്ളൂ പിന്നെ ുള്ള അർത്ഥം തുടങ്ങുക എന്നുള്ള അർത്ഥം ഇല്ല മംഗളം എന്നുള്ള അർത്ഥവും ഇല്ല പക്ഷെ കേൾക്കുന്ന മംഗളം വിരോധം വിരോധം അടുത്ത് വരുന്നത് പൂർവ്വ പ്രകൃതാപേക്ഷറയുന്ന മൂന്നാമത്തെ അർത്ഥമുണ്ടോന്നുള്ള അതാണ് അടുത്ത് പറയുന്നത് സാധേയത് ശരി ആയിക്കോട്ടെ ആ രണ്ടർത്ഥത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി പൂർവ്വപ്രകൃതാപേക്ഷ പൂർവപ്രകൃതാപേക്ഷോ അത് ശബ്ദോ ഭവിഷ്യ പൂർവപ്രകൃതാപേക്ഷ ആണ് അത് ശബ്ദം പൂർവപ്രകൃതം എന്നുവെച്ചാൽ മുമ്പ് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ പൂർവത്തിൽ പരാമർശിച്ചത് അതിനെ അപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശബ്ദം എന്നാണ് പൂർവപ്രതാവിഷം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് അത് സുഖം അധ ദുഃഖം എന്ന് പറയുന്നത് അത് സുഖം അധ ദുഃഖം എന്ന് പറഞ്ഞാൽ അല്ല ഇടയ്ക്ക് വരുന്ന അധ അതെന്താണ് സുഖം അധ അവിടെ അർത്ഥം എന്താണ് സുഖം ആണോ അതോ ദുഃഖമോ എന്നാണ് അത് സുഖം അധ ദുഃഖം എന്ന് പറഞ്ഞാൽ അർത്ഥം അത് സുഖമാണോ അതോ ദുഃഖം ഇപ്പൊ ഇടയ്ക്കാണ് എന്ത് വന്നിരിക്കുന്നത് ം പൂർവപ്രകൃത അപേക്ഷണോ പരാമർശിച്ചത് ഇവിടെ മുമ്പ് എന്തിനാ പരാമർശിച്ചത് എന്തിനാണ് പരാമർശിച്ചത് ഒരു ബോധം ഇല്ലാത്തത് മന്ദപന്തിയോട് പറഞ്ഞിട്ടെന്തെ സുഖത്തെ പരാമർശിക്കുകയാണ് അത് സുഖമാണോ അതോ ദുഃഖമോ പാത ശബ്ദം എന്തിനാ പരാമർശിക്കുന്നു പൂർവം പരാമർശിക്കുന്ന എന്തിനാണ് മുമ്പ് എന്തു പറഞ്ഞാൽ അതിനെ സുഖമാണെങ്കിൽ സുഖം ദുഃഖമാണെങ്കിൽ ദുഃഖം സുഖം എന്ന് പറഞ്ഞു തത് സുഖം അധ ദുഃഖം ശരിക്കും മനസ്സിലായെങ്കിൽ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല വായം പൊളിച്ചുകൂടെ ഇരിക്കത്തേ ഉള്ളൂ അവിടെ ഒരു അധശബ്ദം വരുന്നു എവിടെ വരുന്നു ഇടയ്ക്ക് വരുന്നുണ്ട് ഈ അധശ്ദം മുമ്പ് വന്ന പൂർവത്തിൽ പരാമർശിച്ച് പൂർവത്തിൽ പറഞ്ഞ എന്താണ് പൂർവത്തിൽ പറഞ്ഞത് സുഖം അതിനെ പരാമർശിക്കുന്നു അതിനെ അപേക്ഷിക്കുന്നു അതിനെ അപേക്ഷിച്ചുകൊണ്ടാണ് എന്തുവരുന്നത് ുഖ സുഖത്തെ അടുത്ത ദുഃഖത്തെ കുറിച്ച് പറയുന്നു ഇപ്പൊ ഇവിടെ ഫലത്തിൽ എന്താണ് ഫലത്തിൽ ഇതൊരു വികല്പമാണ് എങ്ങനെ അത് സുഖമാണോ അതോ ദുഃഖമോ സുഖം സ്യാദ് അത് ദുഃഖം സ്യാദ് ഇങ്ങനെ അധശ്ദം ഫലത്തിൽ എന്തായി വികൽപ്പമായി എന്ന് വെച്ചാൽ അതാണോ ഇതാണോ ചോദിക്കുന്നതാണ് വികല്പം ഇങ്ങനെ വികല്പമായി അധശബ്ദം ഉപയോഗിക്കുമ്പോഴാണ് അതിനെന്ത് പറയുന്നത് പൂർവപ്രകൃത അപേക്ഷ അധശ്ദെന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ ഒരർത്ഥം വരും സുഖമാണോ അതോ ദുഃഖമോ സുഖമായി തീരുമോ അതോ ദുഃഖമായി തീരുമോ അങ്ങനെയും പറയാം സുഖം അധ ദുഃഖം അപ്പോ മുമ്പ് പറഞ്ഞ ഒന്നിനെ പരാമർശിക്കുന്നു മാത്രമല്ല അത പിന്നെന്ത് വരുന്നു അത് ഒരു പക്ഷാന്തരത്തെ കാണിക്കുകയാണ് മറ്റൊരു പക്ഷത്തെ കാണിക്കുകയാണ് അവിടെ വികല്പം വരും അങ്ങനെ വികല്പം വരുന്നിടത്ത് ഇത് പൂർവ പ്രകൃത അപേക്ഷമെന്ന് പറയും പൂർവത്തിൽ എന്താണോ നിർദ്ദേശിച്ചത് അതിനെ അപേക്ഷിക്കുന്നു വെച്ചാൽ അതിനെ പരാമർശിക്കുന്നു ഇവിടെ അധ അതോ ബ്രഹ്മജിജ്ഞാസ ഇവിടെ അധ ശബ്ദം പൂർവത്തിൽ പറഞ്ഞ എന്തിനാ പരാമർശിക്കുന്നത് ഇവിടെ ഒന്നും പറയുന്നില്ല അധ അതോ ബ്രഹ്മജിജ്ഞാസ ഇവിടെ നിന്നുമ്പോ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞോ അപ്പോ പുറപ്രകൃത പരാമർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത അതോ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസയോ എന്ന് ചോദിക്കുന്നിടത്തെ എന്തു പറയാൻ പറ്റൂ അത് ശബ്ദം പുറപ്രകൃത അപേക്ഷ അതിനുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണം മനസിലായ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അത അതാണോ അതോ അങ്ങനെ ഇവിടെ പറയുന്നുണ്ടോ അതുകൊണ്ട് ഇവിടെ ആദ്യ മനസ്സിലാക്ക അപ്പം ഇവിടെ ഭാമതീകാരം പറയും പൂർവപ്രകൃത അപേക്ഷ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എന്ന് പറയും എന്നാണ് ഭാമതീകാരം പറയുന്നത് ഭാഷകാരം പറയുന്നത് ഫലത്തിൽ പൂർവപ്രകൃത അപേക്ഷ അനന്തരം എന്നാണ് എന്റെ അർത്ഥം അതായത് ഞാനിപ്പോ പറഞ്ഞ അർത്ഥമല്ല ഫലത്തിൽ ഞാനിപ്പോ എന്താ അർത്ഥമാണോ പറഞ്ഞത് വികല്പം വരുന്നിടത്താണെന്ന് പറയുന്നത് പൂർവപ്രകൃത അപേക്ഷ അതാണ് ഭഗവതികാരം പറയുന്നത് പക്ഷെ പറയുന്നത് എന്താണ് അത എന്ന് പറഞ്ഞു ഫലത്തിൽ അനന്തരർത്ഥമാണ് അപ്പം ഈ ഫലത്തിൽ അനന്തരാര്ത്ഥമെന്ന് പറഞ്ഞതിനെ ഭാമനികാരൻ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുകയാണ് ഇവിടെ എന്നു വെച്ചാൽ ഭാഷകാരൻ പറഞ്ഞത് അത്ര ശരിയെന്നുമല്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് പല സ്ഥലത്തും ഭാമനികാരൻ എന്തു ചെയ്യും തിരുത്തും അങ്ങനെ തിരുത്താണ് ഇവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പൂർവപ്രകൃത അപേക്ഷ എവിടെയാണ് വരുന്നത് ഭാഷയിൽ എന്നറിഞ്ഞിരിക്കുന്നു ശരിക്കും അതിവിടെ വരുന്നില്ല പിന്നെ സാധന ചതുഷ്ഠേയ സമ്പത്തി എന്നാണ് എടുക്കണമെങ്കിൽ സാധനചതുഷ്ഠേയ സമ്പത്തി അധ എന്ന് പറഞ്ഞാൽ പൂർവപ്രകൃത അപേക്ഷയാണെങ്കിൽ അതയ്ക്ക് പൂർവപ്രകൃത അപേക്ഷ എടുത്ത് എങ്ങനെ പറയാൻ പറ്റുമോ സാധനവികല്പ പറയാൻ പറ്റുമോ സാധനചതുഷ്ഠേയ സമ്പത്തി അതോ ബ്രഹ്മീ അങ്ങനെ പറയാൻ പറ്റൂ അപ്പൊ എന്നാണ് ഭാമധികാരം പറയുന്നത് പിന്നെ വേണമെങ്കിൽ ഭാഷകാരൻ പറഞ്ഞല്ലോ ഫലത്തിൽ അതുപോലെയാണെന്ന് പറഞ്ഞ അതുകൊണ്ട് ഭാവതികാരൻ യോജിപ്പില്ല പിന്നെ വേണമെങ്കിൽ ഭാഷ്യകാരൻ അങ്ങനെ ഒരർത്ഥം പറയാം എന്നേയുള്ളൂ എന്നാൽ ഭാവതികാരന്റെ വ്യാഖ്യാനം ആയിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും ഈ പൂർവ്വ പറയുന്നത് കൃത്യമായിട്ട് ഭാഷ്യകാരൻ അറിയത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് ഭാവതികാരൻ പറയാതെ പറയുന്നു മനസ്സിലായോ കാരണം പാദികാരൻ ഭാഷകാരൻ ഒരുപാട് സ്തുതിച്ചിട്ടാ തുടങ്ങുന്നു എങ്ങനെയാസ്വദിക്കുന്നത് എന്ത് ശ്രദ്ധിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടടുത്ത് എന്താ പറയുന്നത് നമാമത് അപരിമിതൃത് കഴിഞ്ഞ് എന്താ പറയുന്നത് അത് കഴിഞ്ഞ് എന്താ പറയുന്നു അടുത്ത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ൂത്രേ ജനശക്തി അതാരമോ ഭഗവതേ ഹരി അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ് വിശുദ്ധ വിജ്ഞാനം ശങ്കരം ശങ്കരം കരുണാകരം ഭാഷ്യം പ്രസന്ന ഗംഭീരം പ്രണീതം വിവച്ചതേക്കുകയാണ് ശങ്കരാരങ്ങേറ്റംസ്തുതിക്കുകയാണ് ഭാഷ്യം പ്രസന്ന ഗംഭീരം തത്പ്രണീതം അത് കഴിഞ്ഞിട്ട് അതും കടുത്ത സ്തുതിയാണ് പറയുന്നത് ആചാര്യ കൃതി നിവേശനം മജോസ്മദാധീനം പവിത്രീ എങ്ങനെയാണോ ഓടവെള്ളം ഗംഗയിൽ ചെന്ന് കഴിഞ്ഞാൽ ഓടവള്ളത്തെ ഗംഗാജലം പരിശുദ്ധമാക്കുന്നത് അതുപോലെ എന്റെ ഈ വാക്കുകൾ എന്റെ വ്യാഖ്യാനത്തെ ഭാഷ പരിശുദ്ധമാക്കുന്നു പറഞ്ഞിട്ട് ഭാഷകാരനെ കറക്റ്റ് ചെയ്യണം അതൊക്കെ ഒരു അങ്ങനെ പോകും താൻ പറയാനുള്ളത് പറയുകയും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അത് മനസിലാക്കണമെങ്കിൽ ഈ പൂർവപ്രകൃതാപേക്ഷ കൃത്യമായി മനസിലാക്കണം പൂർവപ്രകൃതാപേക്ഷയ്ക്ക് ഒരു ഉദാഹരണം ഈ പറഞ്ഞാണ് എന്ത് സുഖം സ്യാത് അധ ദുഃഖം സാഖമാകുമോ അതോ അത് ദുഃഖമാകുമോ അവിടെ ഒരു വികല്പം വരും പൂർവപ്രകൃതാപേക്ഷ എന്നാലേ അധശബ്ദപ്രകൃതാപേക്ഷ അർത്ഥം പറയാൻ പറ്റും അതിനിടെ പറയുന്നു അദ്ദേഹം സ്യാദേ പൂർവപ്രകൃതാപേക്ഷോ അധശബ്ദപ്പോ ശരി ഒരു വർഷമാണ് അധശബ്ദത്തിന് പൂർവപ്രകൃതാപേക്ഷോന്നെന്തോണ്ട് പറഞ്ഞുകൂടാ വിനൈവ അനന്തരിയാർത്ഥം അനന്തരാർത്ഥം വേണ്ട അത് പെട്ടിട്ട് എന്തർത്ഥം കൊടുക്കണം പൂർവപ്രത പ്രകൃത നൽകണം തദ്ധ അതിനൊരു ഉദാഹരണം പറയാൻ ഈ പൂർവപ്രകൃത അപേക്ഷ എവിടെയാണ് വരുന്നത് പറയുന്നത് തദ്ധ ഇമമേവ അധശബ്ദം പ്രകൃത്യ വിമർശിതേ ഈ അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഈ സൂത്രത്തിൽ അധശബ്ദം ആ അധശബ്ദത്തെ എടുത്തിട്ട് ഒരു വിചാരം ചെയ്യുന്ന ഒരു വാക്യം ആ വാക്യത്തിൽ പൂർവപ്രകൃതാപേക്ഷ എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ സൂത്രത്തില് അധശബ്ദത്തെ എടുത്തിട്ട് ഞാൻ നേരത്തെ ഒരു വാക്യം പറഞ്ഞല്ലോ അത് സുഹംശുഖം എന്ന് പറഞ്ഞ പോലെ ഒരു വാക്യം എന്നിട്ട് അവിടെ എങ്ങനെയാണ് പൂർവ്വപ്രകൃതാപേക്ഷ വരുന്നതെന്ന് വ്യാഖ്യാനിക്കുകയാണ് ആര് ഭഗമതിക പറയുന്നത് ഇതേ അധശ്ദത്തെ പരാമർശിച്ചിട്ട് വിമർശിതേന്ന് വെച്ചാൽ ചിന്തിക്കുന്നു എങ്ങനെ അയം അധശ്ദ ഈ സൂത്രത്തിലെ അധശബ്ദം ആനന്ദരി അധ അധികാരെ ഇവിടെ ഈ ഇടയ്ക്ക് വന്ന അഥ ആനന്ദരി അധഅികാരെന്ന് പറയുന്ന നടത്തുന്ന ഈ അധശ ഇതാണ് പൂർവപ്രകൃതാപേക്ഷ ഇതിന്റെ അർത്ഥമാണ് അതിപ്പോ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ആനന്ദരിയെ ആനന്ദരിയ അർത്ഥത്തിലാണോ അതോ അതെന്ന് പറഞ്ഞെന്തായി അതോ ാർത്ഥത്തിലാണോ ഇവിടെ പൂർവ പ്രകൃതാപേക്ഷ വികല്പം വന്നു കഴിഞ്ഞാ എന്ത് വരും ഈ അത ശബ്ദം എന്ന് പറയുന്നത് എന്തുവരുന്നു ഇവിടെ പൂർവപ്രകൃതാപേക്ഷ വരുന്നു പറയാ സാധാരണഗതിയിൽ ഉം കാരണം അങ്ങനെ ഒരു വികല്പം വരുന്നുണ്ട് അതാ അതാണോ അതോ മറ്റതോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ അത്ര വിമർശവാക്യെ അധശ്ദ വിമർശവാക്യം എന്ന് പറയുന്നത് എന്താണ് വിചാരം ചെയ്യുന്ന വാക്യം കിമയം അധശ്ദനെ അധാധികാരി ഇതാണ് വിമർശവാക്യം ആനന്ദരിയെ അധികാരി എന്ന് പറയുന്നതാണ് വിചാരം ചെയ്യുന്ന വാക്യം ഇവിടത്തെ എന്താണ് വിമർശമാക്കി അധശ്ദം അതിന് ആ ഇടയ്ക്ക് വന്ന അതോ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന അധശ്ദം പൂർവപ്രകൃതം അധശബ്ദം അപേക്ഷ പ്രതിപക്ഷ ഉപന്യാസപൂർവം പക്ഷാന്തര ഉപന്യാസേ ഇതെന്താ ചെയ്യുന്നത് ഈ ഇടയ്ക്ക് വന്ന ഈ അധശബ്ദം എന്ത് ചെയ്യുന്നു എന്തു ചെയ്യുന്നു പറയുന്നു വിമർശവാ അധശബ്ദ വിമർശവാ എന്ന ശബ്ദം പൂർവപ്രകൃതം അധശ്ദം അപേക്ഷ ആദ്യം ഒരധശബ്ദം വന്നുള്ളത് എന്താണ് ഏതാണ് അധശ്ദം കിമയം അധശബ്ദിമയം അവിടെ അവിടെ ഒരു അധശബ്ദമുണ്ട് അതിനോട് പറഞ്ഞിരിക്കുന്ന എന്താ പൂർവപ്രകൃതം ൂർവ്വത്തിൽ നിർദ്ദേശിച്ചതായതിനെ പരാമർശിച്ചിട്ട് പ്രഥമപക്ഷ ഉപന്യാസപൂർവം ആദ്യത്തെ പക്ഷത്തെ നിർദ്ദേശിച്ചുകൊണ്ട് നിർദ്ദേശിച്ചിട്ട് ആദ്യത്തെ പക്ഷം എന്താണ് അനന്തയും ഇപ്പോ ഈ വാക്യം എന്തെയ്യുന്നു ആദ്യം ആദ്യത്തെ അധശ്ദത്തെ പരാമർശിക്കുന്നു പൂർവപ്രകൃതം ആദ്യം നിർദ്ദേശിച്ചത് പൂർവം പറഞ്ഞത് അതിനെ പിന്നെ ഒരു പക്ഷത്തെ പറയുന്നു ഏതുപക്ഷം ആനന്തര്യം പ്രതിപക്ഷ ഉപന്യാസപൂർവ്വം അതിനെ നിർദ്ദേശിച്ചിട്ട് പക്ഷാന്തര ഉപന്യാസേ മറ്റൊരു പക്ഷത്തെ നിർദ്ദേശിക്കുന്നു പക്ഷാന്തര ഉപന്യാസേ വർത്തതയെന്ന് മനസ്സിലായി പക്ഷാന്തര ഏതാണ് അധികാര അപ്പോൾ ഈ വാക്യത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താണ് അതിൽ ആദ്യം ഒരു അഥശബ്ദമുണ്ട് അത് പൂർവപ്രകൃതമാണ് അതിനെ അഥ എന്ന് പറയുന്ന രണ്ടാമത്തെ കഥ പരാമർശിച്ചിട്ടു എന്തുകൊണ്ട് അവിടെ പറയുകയാണെങ്കിൽ കീ മായതാ ശബ്ദ ആദശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതിനെ പരാമർശിച്ചു പരാമർശിച്ചിട്ട് എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഒരു പക്ഷത്തെ കാണിച്ചു എന്താണ് ആ പക്ഷം അനന്തരം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ വക്ഷത്തെ കാണിക്കുന്നു അതാണ് ഈ വാക്യം സംഭവിക്കുന്നത് അപ്പം ഇവിടെ പൂർവപ്രകൃത അപേക്ഷയാണ് അല്ലാതെ അനന്തരാർത്ഥം അല്ലെന്നാണ് പറയുന്നത് പൂർവപ്രകൃത അപേക്ഷയെന്ന് വെച്ചാൽ ഇത് ചോദിക്കുകയാണ് ഇത് അനന്തരാർത്ഥത്തിലാണോ അതോ അധികാരാർത്ഥത്തിലാണോ എന്ന് പറയുന്നിടത്ത് ആണോ എന്നുള്ള വികല്പം വരുന്നതുകൊണ്ട് ആ അതിശബ്ദം എന്തർത്ഥത്തിലാണ് പൂർവപ്രകൃത അപേക്ഷയാണ് മനസ്സിലാകുന്നുണ്ടാണ് അപ്പൊ ഇവിടെ ഈ പൂർവപ്രകൃത അപേക്ഷ എന്തെന്നാണ് വിശദീകരിച്ചത് ഈ വാക്യത്തിൽ ഏത് വാക്യത്തിൽ കിമയം അതശബ്ദ ആനന്തരിയെ അത അധികാര ഈ വാക്യത്തിൽ എന്താണ് ഈ പൂർവപ്രകൃതാപേക്ഷണിവിടെ ഇപ്പോൾ വിശദീകരിച്ചത് ഇത് മനസ്സിലായാലേ ഇനി പറയുന്നത് മനസ്സിലാകത്തുള്ളു നച്ച അസ്യ ആനന്തരോ അർത്ഥ ഇവിടെ ഇടയ്ക്ക് വന്ന അധശ്ദത്തിന് അനന്തരില്ല ഇവിടത്തെ ഇടയ്ക്ക് വന്ന അധശബ്ദത്തിന് എന്താർത്ഥം എന്താർത്ഥം അതാണ് അർത്ഥം വികല്പോർത്ഥം അതാണോ അത് വികല്പ അർത്ഥത്തിനാണ് ഇവിടെ പ്രയോഗിച്ചത് അതിനാണ് പറയുന്നത് പൂർവപ്രകൃത അപേക്ഷ വികല്പം ഉള്ളിടത്ത് പൂർവപ്രകൃത അപേക്ഷ വരുന്നത് ആണ് പറയുന്നത് ഈ അധശബ്ദത്തിന് ആനന്തരീയം അർത്ഥ അനന്തരയില്ല എന്ന് പറഞ്ഞാൽ പൂർവപ്രകൃത പ്രഥമ പക്ഷ ഉപന്യാസേന അതായത് ഇവിടെ പൂർവപ്രകടനം ആദ്യം നിർദ്ദേശം എന്താണ് ആദ്യം നിർദ്ദേശം എന്താണ് കിമയം അധാ ശബ്ദ അഥ എന്ന് പറയുന്നതാണ് ആദ്യം നിർദ്ദേശിച്ചത് അപ്പൊ ആ അഥയ്ക്ക് ശേഷം എന്ന് ഈ രണ്ടാമത്തെ കഥയ്ക്ക് അർത്ഥം വരൂ എന്തുകൊണ്ട് അതയ്ക്ക് ശേഷം ഇരിക്കുന്നത് എന്താണ് അതക്കു ശേഷം എന്താ ഇരിക്കുന്നത് അതക്കു ശേഷം ഇവിടെ എന്താണ് ആനന്തരമാണ് അപ്പോ ഈ വന്ന രണ്ടാമത്തെ അധശബ്ദത്തിന് പൂർവപ്രകൃത അനന്തരം അതായത് അധശബ്ദത്തിന് അനന്തരം എന്നൊരർത്ഥം പറയാൻ പറ്റില്ല കാരണം അതേശബ്ദത്തിന്റെ അനന്തരം അവിടെ വേറൊരു വാക്കുണ്ട് മനസ്സിലായോ അത് ശബ്ദത്തിന് അനന്തരം അവിടെ വേറൊരു വാക്ക് ഉണ്ട് ഏത് വാക്ക് ആനന്ദര്യേ എന്നു എന്നിട്ട് ഒരു പക്ഷം ഉണ്ട് അവിടെ ഒരു പക്ഷത്തെ കാണിക്കുകയാണ് ആദ്യത്തെ പക്ഷത്തെ ഇവിടെ കാണിക്കുകയാണ് അപ്പോ ഈ രണ്ടാമത്തെ അധയ്ക്ക് പൂർവപ്രകൃതമായ അധ അനന്ത എന്നൊരു അർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല കാരണം പൂർവപ്രകൃതമായ അഥയ്ക്ക് അനന്തരം എന്താണ് ആനന്ദര്യം എന്ന് പറയുന്ന പക്ഷമാണ് ആനന്ദര്യം എന്ന് പറയുന്ന പക്ഷമാണ് പറയുന്നത് എന്നുവെച്ചാ അസ്യ അസ്യ എന്ന് രണ്ടാമത്തെ അത് ശബ്ദം അതിന് ആനന്ദര്യം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പൂർവപ്രകൃതഅസ്യ പൂർവപ്രകൃതമായ അത ശബ്ദം അതിന് പ്രഥമപക്ഷോപന്യാസിയാണ് പ്രഥമപക്ഷം എന്ന് പറയുന്നത് ഏതാണ് ആനന്ദര്യത്തെ നിർദ്ദേശിച്ചത് കൊണ്ട് വ്യവധാനം വന്നു മറ അവിടെ ഇടയ്ക്കൊരു എന്താണ് ആനന്ദര്യം എന്നുള്ള ഒരു പക്ഷത്തെ അതാണ് പ്രഥമപക്ഷം അതിനെ ഉപന്യാസിക്കുക എന്ന് വെച്ചാൽ എന്താണ് നിർദ്ദേശിക്കുക അങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ട് എന്താണ് ഒരു വ്യവഹായം ഒരു മറ വന്നു മനസിലായ എന്ന് പറയുന്ന അധശ്ദത്തെ പരാമർശിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല അതിനെ പരാമർശിച്ചാലും അനന്തരം എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് വേറൊരു പദം ഉണ്ട് പരാമർശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കഥ പറയുന്നത് എന്താണ് ആ അധശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണോ അപ്പൊ അതിനെ പരാമർശിക്കുന്നുണ്ട് പരാമർശമുണ്ട് കാരണം ഈ രണ്ടാമത്തെ അധശബ്ദം പറയുന്ന എന്താണ് ആ ഒന്നാമത് പറഞ്ഞതായ ആ അധശബ്ദത്തിന്റെ അർത്ഥം ആനന്ദര്യമാണോ അപ്പൊ അതിനെ പരാമർശിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഈ രണ്ടാമത്തെ ശബ്ദത്തിന് അനന്തരം എന്ന് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ എന്തു പറയേണ്ടി വരും അനന്തരമാണെങ്കിൽ ഇങ്ങനെ അർത്ഥം പറയേണ്ടി വരും അധശബ്ദത്തിന് അനന്തരം എന്താണ് പിന്നീട് അടുത്തു പറയുന്നത് എന്താണ് ആനന്തര്യം അങ്ങനെ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അധശബ്ദത്തിന് അനന്തരം എന്താണ് അധികാ അധശ്ദത്തിന് കഴിഞ്ഞുകൂടെ അനന്ത ആനന്തര്യമാണ് കിമയം അധശ്ദ ആനന്തരിയെ അത അധികാരെ ഈ അധശ്ദത്തിന് എന്താണ് അനന്തരർത്ഥം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും എന്താണ് ഹിമയം അധശബ്ദ ഈ അധശബ്ദത്തിന് അനന്തരം എന്ത് അധശബ്ദത്തെ അനന്തരം ആനന്തരം എന്ന് പറയേണ്ടി വരും പറയാൻ പറ്റും ആദ്യത്തെ അധശബ്ദത്തിന് അനന്തരം എന്താണ് ആനന്ദരം അങ്ങനെ പറയേണ്ടി വരും ഇവിടെ അനന്തരർത്ഥം പക്ഷെ ഇവിടെ അർത്ഥം വന്നിട്ടുണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ഈ അധശബ്ദത്തിന്റെ അർത്ഥം ആനന്ദര്യമാണോ അതോ അധികാരമാണ് അതാണ് എന്ന ആനന്ദര്യം അർത്ഥ ഈ അഥശബ്ദത്തിന് അനന്തരം എന്ന് അർത്ഥം കൊടുക്കാൻ പറ്റില്ല എന്താണ് പുറപ്രതസ്യ പ്രതിപക്ഷ പൂർവ്വ്രകൃതമായ പൂർവപ്രകൃത പൂർവപ്രകൃതമായ എന്ത് അത ശബ്ദം അതിനാ പ്രതോപക്ഷോപന്യാസം പ്രതോപക്ഷം എന്താണ് ആനന്ദനിയം കൊണ്ട് അവിടെ വ്യവധാനം മറവന്നിരിക്കുന്നു എന്നർത്ഥം ശരി